നിന്റെ രക്ഷിതാവ് വിധിച്ചിരിക്കുന്നു അവനെയല്ലാതെ നിങ്ങൾ ആരാധിക്കരുത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക അവരിലൊരാളോ അല്ലെങ്കിൽ രണ്ടുപേരും നിന്റെ അടുക്കൽ വെച്ച് വാർദ്ധക്യത്തിലെത്തിയാൽ അവരോട് ഛേ എന്ന് പോലും പറയരുത് അവരെ ശകാരിക്കരുത് അവരോട് മാന്യമായ വാക്കുകൾ പറയുക